ായം പതിനഞ്ച് അനന്തരം ഓതയ്ദിന്റെ മകനായ അസരിയാവിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു അവൻ ആസയെ എതിരേറ്റ് അവനോട് പറഞ്ഞതെന്തെന്നാൽ ആസയും എല്ലാ യഹൂദ്യരും ബെന്യാമീനരും ആയുള്ളവരെ എന്റെ വാക്കുകൾ പിൻ നിങ്ങൾ യഹോവയോടു കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോടു കൂടെ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങളവനെ കണ്ടെത്തും ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും ഇസ്രയേൽ ഇപ്പോൾ ബഹുകാലമായി സത്യദൈവവും ഉപദേശിക്കുന്ന പുരോഹിതനും ന്യായപ്രമാണവും ഇല്ലാതിരിക്കുന്നു എന്നാൽ അവർ തങ്ങളുടെ ഞെരുക്കത്തിൽ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയിങ്കിലേക്ക് തിരിഞ്ഞ് അവനെ അന്വേഷിച്ചപ്പോൾ അവർ അവനെ ആ കാലത്ത് പോക്കുവരവിന് സമാധാനം ഇല്ലാതവണ്ണം ദേശനിവാസികൾക്കൊക്കെയും മഹാകലാപങ്ങൾ ഭവിച്ചു ദൈവം അവരെ സകലവിധ കഷ്ടങ്ങളാലും പീഡിപ്പിച്ചതുകൊണ്ട് ജാതിജാതിയെയും പട്ടണം പട്ടണത്തെയും തകർത്തുകളഞ്ഞു എന്നാൽ നിങ്ങൾ ധൈര്യമായിരിക്കും നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത് നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും ആസ ഈ വാക്കുകളും ഓതേദ് പ്രവാചകന്റെ പ്രവചനവും കേട്ടപ്പോൾ അവൻ ധൈര്യപ്പെട്ടു യഹൂദയുടെയും ബെന്യാമീന്റെയും ദേശത്തുനിന്നൊക്കെയും യഫ്രൈം മലനാട്ടിൽ അവൻ പിടിച്ചിരുന്ന പട്ടണങ്ങളിൽ നിന്നും മ്ളേച്ഛ്രഹങ്ങളെ നീക്കിക്കളയുകയും യഹോവയുടെ മണ്ഡപത്തിന് മുമ്പിലുള്ള യഹോവയുടെ യാഗപീഠം പുതുക്കുകയും ചെയ്തു പിന്നെ അവൻ എല്ലാ യഹൂദിരെയും ബെന്യാമീന്നരെയും യഫ്രൈമിൽ നിന്നും മനശയിൽ നിന്നും അവരുടെ അടുക്കൽ വന്നു പാർക്കുന്നവരെയും കൂട്ടിവരുത്തി അവന്റെ ദൈവമായ ഹോവ അവനോടുകൂടെയുണ്ട് എന്ന് കണ്ടിട്ട് ഇസ്രയേലിൽ നിന്ന് അനേകർ വന്ന് അവനോട് ചേർന്നു ഇങ്ങനെ അവർ ആസയുടെ വാഴ്ചയുടെ പതിനേഴാം ആണ്ടിൽ മൂന്നാം മാസത്തിൽ യരുഷലേമിൽ വന്നുകൂടി തങ്ങൾ കൊണ്ടുവന്ന കൊള്ളയിൽ നിന്ന് അവർ എഴുനൂറ് കാളയേയും ഏഴായിരം ആടിനെയും അന്ന് യഹോവയ്ക്ക് യാഗം പിന്നെ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിച്ച് കൊള്ളാമെന്നും ചെറിയവനോ വലിയവനോ പുരുഷനോ സ്ത്രീയോ ആരായാലും ഇസ്രയേലിന്റെ ദൈവമായ ഹോവയെ അന്വേഷിക്കാത്തവൻ മരണശിക്ഷ അനുഭവിക്കണമെന്നും ഒരു നിയമം ചെയ്തു അവർ മഹാഘോഷത്തോടും ആർപ്പോടും കാഹളങ്ങളോടും കുഴലുകളോടും കൂടെ യഹോവയോട് സത്യം ചെയ്തു എല്ലാ യഹൂദീരും സത്യം നിമിത്തം സന്തോഷിച്ചു അവർ പൂർണ്ണ ഹൃദയത്തോടെ സത്യം ചെയ്ത് പൂർണ്ണ താൽപര്യത്തോടും കൂടെ അവനെ അന്വേഷിച്ചതുകൊണ്ട് അവർ അവനെ കണ്ടെത്തുകയും യഹോവ അവർക്കു ചുറ്റും വിശ്രമം നൽകുകയും ചെയ്തു ആസാ രാജാവ് തന്റെ അമ്മയായ മയേഖയേയും അവൾ അശേരയ്ക്ക് ഒരു മ്ളെച്ച വിഗ്രഹം ൊണ്ട് രാജ്ഞി സ്ഥാനത്ത് നിന്ന് നീക്കിക്കളഞ്ഞു അവളുടെ മ്ലേച്ഛവിഗ്രഹം ആസ വെട്ടിത്തകർത്ത് കിദ്രോൻ തൊട്ടിങ്കൽ വെച്ച് ചുട്ടുകളഞ്ഞു എന്നാൽ പൂജാഗിരികൾക്ക് ഇസ്രയേലിൽ നീക്കം വന്നില്ല എങ്കിലും ആസയുടെ ഹൃദയം അവന്റെ ജീവകാലമൊക്കെയും ഏകാഗ്രമായിരുന്നു വെള്ളി പൊന്ന് ഉപകരണങ്ങൾ എന്നിങ്ങനെ തന്റെ അപ്പൻ നിവേദിച്ചതും താൻ തന്നെ നിവേദിച്ചതുമായ വസ്തുക്കളെ അവൻ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു ആസയുടെ വാഴ്ചയുടെ മുപ്പത്തിയഞ്ചാം സംവത്സരം വരെ പിന്നെ യുദ്ധം ഉണ്ടായില്ല